നമ്മുടെ കൽപ്പന വന്നപ്പോൾ നമ്മുടെ കാരുണ്യത്താൽ ഷൈബ് അലിഹിസ്സലാമിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം രക്ഷിച്ചു അക്രമം ചെയ്തവരെയാകട്ടെ ആ ഭയാനകമായ ശബ്ദം പിടികൂടി അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിൽ മുട്ടുകുത്തി വീണുകിടന്നു